അതുപോലെ മുഷ്രിക്കുകളിൽ പലർക്കും അവരുടെ പങ്കാളികൾ സ്വന്തം മക്കളെ കൊല്ലുന്നത് മനോഹരമാക്കി കാണിച്ചു അവരെ നാശത്തിലേക്ക് നയിക്കാനും അവരുടെ മതത്തെ അവരിൽ അവ്യക്തമാക്കാനും വേണ്ടിയായിരുന്നു അത് ലോ ഹുഷ്ബഹാനുഹുവ ധാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ അത് ചെയ്യുമായിരുന്നില്ല അതിനാൽ അവരെയും അവർ കെട്ടിച്ചമയ്ക്കുന്നതിനേയും വിട്ടേക്കുക